Mm-hmm. ഉക്ഷോഭാരത് പ്രോതിസർ ും ആഗ്രഹിക്കുന്നില്ല എന്ന് ഉപേക്ഷിക്കുന്നുണ്ടി പ്രാർത്ഥിക്കുന്നില്ല നല്ലതുവരും അശുഭമായ നല്ല നിരന്തരം പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൽ നല്ലതുവരും അശുഭമായിട്ടുള്ള അന്ന് കാരണമാകുന്നു ശുഭം നല്ലതു വന്നു പ്രാർത്ഥിക്കുന്നില്ല നിന്ന് മനസ്സിലും അങ്ങനൊന്നും ആഗ്രഹിക്കുന്നില്ല നല്ല ജീവിതത്തെ ആഗ്രഹിക്കുന്നില്ല അശുഭം അശുഭം ഒഴിവാകുന്നു പ്രാർത്ഥിക്കുന്നു ശ്വാസം ചെയ്യും അശുഭത്തെ ചിന്തിക്കോ അശുഭത്തിനനുഭവിച്ചോ ഒന്നും ദുഃഖിക്കുന്നില്ല സമൂഹത്തിൽ ഉപയോഗിച്ചപ്പോൾ എല്ലാം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് കുറന്തിയോ താൻ ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം തന്നെ എന്നാൽ ഇത കിഞ്ചന് ും ചെയ്യുന്നത് അപ്പൊ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കർമ്മം എന്തോ ചെയ്യേണ്ടത് അതാണ് സ്വകർമ്മം അപ്പം ചെയ്യേണ്ടത് കർത്തവ്യം അതെല്ലാം ചെയ്യുന്നു എന്നാൽ കർത്തൃത്വം ഇല്ല എണ്ണപുർവം ചെയ്യുന്നു കർത്തൃത്വ ബുദ്ധിയോടുകൂടി ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ബന്ധത്തിലെന്താണ് മനസ്സിൻ്റെ സമർത്വത്തിലാണ് കർമ്മങ്ങൾ ചിലർക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഇഷ്ടം കർമ്മങ്ങൾ ചെയ്യുന്നതിന് അവർ ഒരിഷ്ടമാണ് അതുകൊണ്ടത് ചെയ്യുന്നില്ല കർമ്മത്തെ ഉപേക്ഷിക്കുന്നു നമ്മുടെ വാസ്തുഷ്ടത്തെ രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കും കർമ്മം ചെയ്യുന്നതാണ് ഒരാൾക്ക് ഇഷ്ടമെങ്കിലും ചെയ്തുകൊണ്ടേ കുഴപ്പം വേണമെങ്കിലും ഇഷ്ടമാണ് ചിലർക്ക് കർമ്മം ചെയ്യാതിരിക്കുന്നതാണ് കരുപ്രചനം ആണെങ്കിൽ സഞ്ചാര എന്ന് പറയുന്നതാണെങ്കിൽ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് വേറെ ചെയ്യുന്നു അത് കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയും കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും ജീവിക്കാനുള്ള കർമ്മം അപ്പൊ ജീവിക്കാനുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ വലിയ ധാരണ വേണ്ടത് ഭക്ഷാണ് ചന്ദ്ര കർമ്മത്യാഗം എന്ന് പറയുമ്പോഴും അവിടെ കർമ്മം ഉണ്ടെന്ന് ഭക്ഷാണ് അവിടെ രണ്ടായിരം മാത്രമല്ല എന്തായാലും ജീവിതം മുമ്പോട്ട് പോകുന്നുണ്ട് വിഷാളത്തിലാണ് അത് കർമ്മം ചെയ്യണം ലോകത്തിന് ഒരുപാട് ശങ്കരാലോ അനുസരിച്ചാണ് ലോകസംഗ്രഹം ലോകത്തിനുവേണ്ടി പ്രവർത്തിക്കണം ലോകസംഗ്രഹം അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യണം അപ്പോൾ അതാണ് സർവ്വവും ഏവജ് പ്രവർത്തി സർവ്വ ചെയ്യുന്നുണ്ട് എന്നാൽ പിഞ്ചൻ തന്നെ കൊണ്ടും ഒന്നും ചെയ്യുന്നുണ്ട് ഇത് ഒരു വ്യക്തിയിൽ തന്നെ ഇങ്ങനെ ഒരു മനോഭാവം വരാം അല്ലെങ്കിൽ വ്യക്തികൾ വെവ്വേറെ ഇവിടെ രണ്ട് തരത്തിലുള്ള വ്യക്തികളൊക്കെ എന്നും ജനഗണപൂരങ്ങളും അവരെ ലോകസംഗ്രഹ പ്രവർത്തി വധിഷ്ഠനം മറ്റും മറ്റുള്ള പരിപ്രാചരണം ഒന്നും ചെയ്യാതിരിക്കുന്നു അപ്പോ ചെയ്യുന്നോ ചെയ്യുന്നില്ലേ എന്നുള്ളതല്ല ഇവിടെ മുഖ്യം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ സമ്മർദ്ദമാണ് മനസ്സങ്ങളെയും ഒരുപാട് ആവശ്യമാണ് ചെയ്യാതിരിക്കുന്നിടത്തോ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ടിടത്ത് പ്രധാനമായും വേണ്ടത് കർമ്മത്തിലുള്ള സ്വാതന്ത്ര്യം തന്റെ കർമ്മക്കാരിക്ക് തിരഞ്ഞെടുക്കാനും ഇഷ്ടമനുസരിച്ച് തടസ്സങ്ങളൊന്നും കൂടാതെ ആ കർമ്മം ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കർമ്മം ചെയ്യുന്നിടത്ത് കർമ്മം അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ ഗതികെട്ടൊരു കർമ്മം ചെയ്യേണ്ടി വരിക കർമ്മം ചെയ്യാൻ നിർബന്ധിതനായിരിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കർമ്മത്തിൽ സന്തോഷിക്കാൻ സ്വധർമ്മം എന്ന് പറയുന്നത് തൻ്റെ മനസ്സിന് ഇണങ്ങുന്ന പ്രവൃത്തിയായി കർമ്മം എന്ന് പറയുന്നത് തൻ്റെ തന്നെ തിരഞ്ഞെടുപ്പായിരിക്കും പക്ഷെ ചിലവും മനുഷ്യനെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കർമ്മം തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായവരും താൻ ആഗ്രഹിക്കുന്ന കർമ്മം ചെയ്യാൻ അവസരം കിട്ടിയെന്ന് പറയത്തിന് അവിടെയൊക്കെ പ്രശ്നമാണ് ഈ പറയുന്ന കാര്യം നിരവധി ഘടകങ്ങൾ എത്തുമെന്നാൽ ഈ പറയുന്ന എനിക്ക് കർമ്മം മനസ്സിന് സമാധാനം കൊടുക്കത്ത എനിക്കിഷ്ടമില്ലാത്തൊരു കർമ്മം ഞാൻ ചെയ്യാൻ നിർബന്ധിതനായി എനിക്കത് സന്തോഷിക്കാൻ പറ്റും അപ്പോ തന്നെ ശമിച്ചുകൊണ്ടും ആ കർമ്മത്തെ ശമിച്ചുകൊണ്ടും കർമ്മം ചെയ്യും കർമ്മയത് സന്തോഷത്തെ കൊടുത്തു കർമ്മത്തെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ ആ കർമ്മം വിജയിക്കത്തൂ ഇവിടെ പ്രധാനമായും ഈ സന്ദർഭത്തിൽ പറയും അറിവാണ് അറിവിനെ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ചാണ് ഇനി വരുന്ന ഭാഗങ്ങളിലും പറയും എന്റെ പറയുന്ന ആത്മാവ് കർത്താവാണ് ആത്മാവിന്റെ കർമ്മങ്ങളൊന്നുമില്ല തന്റെ കർത്തൃത്വമുള്ളതാൻ കർത്താവില്ല തനിക്ക് കർമ്മത്തിൻ്റെ ഫലങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഞാൻ നിത്യശുദ്ധനായ ആത്മാവാണ് ഇങ്ങനെയുള്ളൊരു ബോധത്തോടുകൂടി ഇങ്ങനെയൊരു വിചാരത്തോടുകൂടി അങ്ങനെ ഒരു വിചാരത്തോടുകൂടി കർമ്മം ചെയ്യും അപ്പോ അയാൾക്ക് ശരിക്കുള്ള ആത്മബോധത്തോടുകൂടി കർമ്മം ചെയ്യാവുന്നതാണ് അപ്പോ അയാൾക്ക് ശരിയായ ശ്രവണവും മലനുമെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ അടിസ്ഥാനപരമായി സ്വീകരിച്ചിരിക്കുന്നത് അറിവും അറിവില്ലായ്മ രണ്ട് കാര്യങ്ങളാണ് അറിവുണ്ടോ അവൻ കർമ്മം ചെയ്താലോ അവൻ കർമ്മം ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ അവന് സന്തോഷമാണ് ആനന്ദമാണ് അറിവുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചുള്ളവർ പ്രധാനമായിട്ടും ആത്മാവിനെ കുറിച്ചുള്ളവർ ഇനി ഇങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് അറിയണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആത്മാവുണ്ടോ മുമ്പോട്ട് എം പറ അടിസ്ഥാനപരമായി ബാധിച്ചിട്ടുള്ള ഒരു നിലപാടാണ് ഞാൻ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞ് ഈ ഒരു ആത്മാവ് ഉണ്ടോ വെള്ളക്കും അതിലൊരു സംശയമാണ് ഈ പറയുന്ന പോലെ നിത്യശുദ്ധം യുക്തനായ ഒരു ആത്മാവ് എന്തുകൊണ്ടാണ് അങ്ങനെ സംശയം വരാത്ത പറയുന്നത് സത്യമാണ് കാരണം ഇത് മറ്റുള്ളവർ അംഗീകരിക്കുന്നു എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യവുമായി മറ്റുള്ളവർ സ്വീകരിക്കുന്നു അദ്വൈതികൾ മാത്രമേ പറയുന്നുള്ളൊരാത്മാവാണ് പ്രത്യേകമായ ആത്മാവ് അദ്വൈതി പറയുന്നതെല്ലാം മറ്റുള്ളവർ വേണമെങ്കിൽ പരമാത്മാവിൻ്റെ വിശേഷണമായിട്ടെടുക്കും നിത്യമാണ് ശുദ്ധമാണ് മൂത്തമാണ് ആൾക്കാരാണ് പരമാത്മാവാണ് കർമ്മം ചെയ്യുന്നവരാണ് ജീവാത്മാവ് ജീവാത്മാവ് ഈ ക്വാളിറ്റി ഒന്നും ഈ വിശേഷണങ്ങളോട് ചേരത്തില്ല എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷം അപ്പം പിന്നെ ഒരാളുടെ മനസ്സങ്ങനെ ഉറക്കും പറയുന്നവരെ പ്രയത്സപ്പെടുന്ന കാര്യമില്ല നസ്തി ചെയ്യേണോ ദോഷപ്രോം ബ്രോതാമോ അങ്ങനെ ഒരു ആത്മാവില്ലെന്ന് വെച്ചു ഈ പറയുന്ന തരത്തിൽ ഏകമായ ഒരാത്മാവില്ല നാസ്തിജ് ഭാഗം ഇല്ല പറയുന്നു മുപ്പത്തിയഞ്ച് തദ്വിചാരേണ ദോഷഭവന എന്താ ദോഷം ഈ പറയുന്ന നിത്യശുദ്ധുദ്ധമായ ഒരു ആത്മാവിടെ ഇതാന്ന് വിചാരിക്കുന്നത് നഷ്ടം നിങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നു എന്താ പിന്നെ തുടക്കത്തിലേക്ക് ഞാൻ പറഞ്ഞു വിശേഷിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആത്മാവില്ല എന്ന് പറയാതിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നു ഈ ആത്മാവില്ല എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിക്കാൻ പോകുന്ന ആർക്ക ഈ വിചാരം അത് നഷ്ടം സംഭവിച്ചു പുരോഹിതന്മാർ അവർ കഴിഞ്ഞാൽ ഒരു ആത്മാവ് വേണോ ആത്മാവ് കരലോകത്ത് പോകണം കരലോകത്ത് പോയി ഇവിടെ ചെയ്യുന്ന കർമ്മം കൊണ്ടെയൊക്കെ ഫലം അനുഭവിക്കണം അതുകൊണ്ട് നിങ്ങളിവിടെ കർമ്മം ചെയ്യണം മരിച്ചാൽ ആത്മാവ് മരിക്കുന്നില്ല അപ്പൊ ഫലവുമായി ബന്ധിപ്പിക്കാനാണ് എനിക്ക് ഇവരുടെ ഒരു ആത്മാവിനെ കൂട്ടിച്ചേർത്തത് പറയുന്നു നാശം ചെയ്ത് എന്തുകൊണ്ട് അസ്ഥി ചെയ്യുന്ന സംസ്ഥീർ ഭവിഷ്യഥ ഭഗവാൻ ഉള്ള ഇനി അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിലും എന്തായാലും നിങ്ങൾ വിചാരം ചെയ്യുക ഇവിടെ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ എന്തെങ്കിലും കർമ്മം ചെയ്യണമെന്നോ നിങ്ങൾ പൂജ ചെയ്യണമെന്നോ ഓരോ കാശ് കൊടുക്കണമെന്നോന്നിവിടെ പറയുന്നില്ല നിങ്ങളുടെ ഒരു കാര്യം മാത്രമേ പറയുന്നുണ്ട് വിചാരം ചെയ്യുക ചിന്തിക്കുക നിങ്ങൾ എന്തെല്ലാം ചിന്തിക്കുന്നു നിരന്തരം മനസ്സ് പ്രവർത്തിക്കുകൊണ്ടിരിക്കുകയല്ലേ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നവരെ ഒരുപാട് ലോകകാര്യങ്ങൾ ചിന്തിക്കുകയല്ലേ കുറച്ച് സമയം ഞാൻ ചിന്തിക്കുക ഞാൻ നിത്യ മുക്ത ശുദ്ധനായ ആത്മാവാണെന്ന് ചിന്തിക്കുക എന്താ കുഴപ്പം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അസ്ഥിച്ച് എന്ത് സംഭവിക്കുന്നു ഭവാർ ലവാ സമുക്തി ഭവിഷ്യേഖം എന്തായാലും നിങ്ങൾ ഈ സംസാരത്തിൽ നിന്നും നിങ്ങളുടെ വിചാരം കൊണ്ട് മുക്തരായി അതല്ല ആത്മാവുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് വ്യാപാരപ്പെടേണ്ട കാര്യമാണ് അതായത് ഇവിടെ പറയുന്നത് വിചാരം ചെയ്യുക വിചാരം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ രക്ഷപ്പെടുത്തുന്ന അറിവാണ് അറിവാണ് നിങ്ങളുടെ അറിവില്ലായ്മയെ നശിപ്പിക്കുന്നത് ഇവിടെ ഇത് രണ്ടു മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്താണോ ഒന്നറിവ് മറ്റൊന്നറിവില്ല വിചാരങ്ങൾക്ക് അറിവുണ്ടാകാൻ കഴിയും എന്താണ് സംസാരം ഇത് സത്യമല്ല ഇത് അസത്യമാണോ ഇത്തരത്തിലുള്ള താനെന്താണ് ആനന്ദസ്വരൂപനാണോ തന്നെ ഒരു ദുഃഖവും ബാധിക്കുന്നില്ല തനിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നില്ല ഇത്തരത്തിലുള്ള വിചാരം വിചാരം എന്ത് ചെയ്യുന്നു അയാളുടെ ദുഃഖത്തിൽ നടന്നി വരുന്നു ഇതല്ലേ വേണ്ടത് സംസാരം നിവർത്തി എന്ന് വരുന്നു പറയുന്ന അതന്നെ താൻ ആനന്ദ സ്വരൂപനാണെന്ന് വിചാരം ചെയ്തു കഴിഞ്ഞാൽ അവിടെ തന്റെ ദുഃഖങ്ങൾ ഇല്ലാതാവില്ല അപ്പൊ ആത്മാവിനെക്കുറിച്ച് നിങ്ങൾ ഗവേഷണം നടത്തി അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വിചാരം തുടർന്നാമോ ഞാൻ ആനന്ദ സ്വരൂപനാണ് എന്നൊരു ദുഃഖം അതാണ് ഞാൻ ആദ്യം പോലെ ചെയ്തിട്ട് സൈക്കോതെറാപ്പിയും അതിന്റെ ഫലം ഒരു ഉപായമാണ് എല്ലാവരും ദുഃഖ നിവൃത്തിക്ക് ഉപായോ പറയുന്നു എല്ലാ ദാർശനികമായാലും സംഗ്രഹനായാലും രാമായണികനായാലും മത്സ്യനായാലും കുറുതമ്മനായാലും കണ്ണാദനായനും എല്ലാവരും പറയുന്നത് ആത്യന്തിക ദുഃഖ നിവൃത്തിയാണ് അവരെ ആത്യന്തിക ദുഃഖ നിവൃത്തിക്ക് ആധാരമായി പറയുന്ന ഈ ആത്മാവ് പരത്മാവ് ഇതിനാർക്കും പല അഭിപ്രായം പല അഭിപ്രായങ്ങളാണ് പക്ഷെ ഉറപ്പിച്ചു പറയുന്ന എന്താണ് എല്ലാവർക്കും ദുഃഖം എന്ന് വിളിച്ചപ്പോൾ ഇതിന്ന് മനസ്സിലാക്കേണ്ട എന്താണ് മനസ്സിലാക്കേണ്ടവിടെ നമ്മളേതറിവിനെയാണ് പിന്തുടരുന്നത് അറിവിനാണ് പ്രാധാന്യം അതിനപ്പുറമുള്ള കാര്യങ്ങൾ മനുഷ്യരോടത്തോളം ധനം വിവാദങ്ങൾ ഉണ്ടായി മതി എന്തുകൊണ്ട് അത് അതീന്ദരിമായൊരു കാര്യമാണ് എല്ലാവർക്കും ഏകാഭിപ്രായം ഉണ്ടാകാൻ പറ്റും അവർക്ക് അങ്ങനെ സ്ഥാപിക്കാനൊന്നും വിശ്രമിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് പറയുന്നത് അസിചേജ് ഇനി അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിചാരം കൊണ്ടെന്നൊരു സമത്വരണ ഭവിഷ്യത ഉപകാരണവും ഇല്ലെങ്കിൽ വിചാരം കൊണ്ടുപോകോഷവും വിചാരം ചെയ്താൽ മാത്രം അപ്പോ അറിവിനാണ് പ്രധാനം ഇതൊരു പഴയ കാഴ്ചപ്പാടാണ് ശരിക്കും ഇത് പദ്വിധികളെന്താ കൊണ്ടുവന്നു വേഗാനന്ദ്രോകെ പരം സമ കഥാശ്രി സ്വർഗത്തിന്റെ കാര്യം തന്നെയാണ് സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പണം ചെലവാകും യാഗങ്ങനെയും പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ചെയ്യുന്നവനെയാണ് സംശയം ഉണ്ടാകും നിങ്ങളുടെ ഒക്കെ വല്ല കാര്യമുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ എന്തായാലും സ്വർഗം കിട്ടാതെ മരിച്ചതിന് ശേഷമേ കിട്ടത്തുള്ളൂ അതാണ് സന്ദിഗ് ഭേ പറഞ്ഞു കത്തോത്തിൽ ഉണ്ടെങ്കിലും പരം ശ്രുതിപഥാശയം എന്താണ് പറ്റിയത് പറ്റിയത് കർമ്മം ചെയ്യുക ശ്രുതിപഥത്തെ ആശയം പുരോഹിതൻ പറയുന്ന കർമ്മത്തെ നിങ്ങൾ ചെയ്യുക സാധാരണ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് പരീക്ഷ എഴുതാൻ പോകുന്നു എന്തായാലും പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറി ഒരർച്ചനോടെ നടത്തി അപ്പോൾ അർച്ചന നടത്തിയാൽ പരീക്ഷ പാസ്സും അതിനുറപ്പൊന്നുമില്ല ഇനി ചിലപ്പോൾ അതുകൊണ്ട് പാസ്സാവണെങ്കിലും അത് ചെയ്യാത്ത കൊണ്ട് ഇപ്പൊ പരാജയപ്പെട്ടു പോയത് പോലെ വിശ്വാസികളൊന്നുമല്ല കൂടുതൽ അന്വേഷിക്കുകളാണ് ഉറപ്പില്ലാത്തവരാണ് ചിലപ്പോ ഉണ്ടായിരിക്കും ചിലപ്പോ ഇല്ലായിരിക്കും അപ്പോ അത് ഈ ചെയ്ത പുരോഹിതനുപോലും ഉറപ്പില്ല സ്വർഗമുണ്ടോ ഒരിക്കലൊരു ആചാര്യൻ അറിയപ്പെടുന്ന ഒരാചാര്യൻ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഈ ആത്മതത്വത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഒരുപാട് പൂർവ്വപക്ഷങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞതാണ് കഥ പറയുന്നില്ല ശരിക്കും പറഞ്ഞൊരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യ ഇങ്ങനെ പല ചോദ്യങ്ങളും വരാവുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതിനകത്ത് മുറവക്ഷങ്ങൾ ഒരുപാട് വരാവുന്നുണ്ടോ ഞാൻ ചോദ്യങ്ങൾ കൊണ്ട് ശല്യ ശല്യപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു പറഞ്ഞു സ്വകാര്യ നിരന്തരത്തിൽ ശല്യപ്പെടുത്തിക്കുന്നത് അത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്താണ് നമ്മളെന്താണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് ആൾക്കാരോട് തറപ്പിച്ചങ്ങ് പറഞ്ഞിരിക്കുക ഉറപ്പിച്ച് നമ്മൾ ഇത്രയും ചെയ്താൽ മതി നമ്മളെന്ത് മനസ്സിലാക്കി എന്നോ അത് ഉറപ്പിച്ചങ്ങ് പറയുക ഉറപ്പിച്ച് പറയാന്ന് വെച്ചാൽ കേൾക്കുന്നുവെന്ന് തോന്നരുത് എന്താണോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് തോന്നരുത് അത് തോന്നിയാൽ പോയി പിന്നെ നമ്മുടെ ജോലി എന്താണോ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഉറപ്പിച്ചെന്ന് പറയും പിന്നെ ആൾക്കാർ അതവരൊക്കെ അവരുടെ സൗകര്യം അനുസരിച്ച് അവരുടെ ഉള്ളു ചിലരുടെ അതിന് സീരിയസ് ആയിട്ട് എടുക്കും ചിലരതിനെ തള്ളിക്കളയും ഇതൊക്കെ സമൂഹത്തിലാണ് അപ്പൊ നമ്മൾ പറയുന്നു ഉറപ്പിച്ച് പറയുക എന്നൊന്നാണ് അല്ലാതെ നമ്മളിതിന് നിരന്തരം ഭൂപക്ഷം ചെയ്യിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്ന കാര്യമുണ്ട് അതീന്ദ്രിയമായ വിഷയങ്ങളിൽ നമുക്ക് ചോദ്യം അവസാനിപ്പിക്കാൻ പറ്റത്തില്ല എന്നും ചോദ്യങ്ങൾ എന്ന് പറഞ്ഞവരാണ് ഇവിടെ പറയുന്നത് സ്വർഗ്ഗം അതായത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കർമ്മം ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇന്നസിയാ സ്വർഗമില്ലെങ്കിലോ നമുക്കൊരു നഷ്ടമില്ല എന്താ നഷ്ടം നിനക്ക് നഷ്ടമൊന്നുമില്ല സ്വർഗത്ത് പോകുന്നില്ല നിനക്കെന്താ നഷ്ടം ഇത് ഇന്നസിയാണ് സ്വതാസിയാ അതുകൊണ്ടെന്താ നിനക്ക് നഷ്ടമൊന്നുമില്ല കിൻസിയാ നിനക്ക് നഷ്ടമൊന്നുമില്ല ഇവിടെ ജീവിക്കുന്നു ഇതൊക്കെ ചെയ്തോ ചത്തുപോയി ആരെങ്കിലും നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് നമ്മളോരോ കാര്യസാധ്യത്തിനു വേണ്ടി ഓരോ പൂജകളും ഹോമങ്ങളും അതും ഇതുമെല്ലാം ചെയ്യുന്നു എത്രമാത്രം സക്സസ് ആയി എത്ര എണ്ണം പരാജയപ്പെട്ടു നമ്മളെപ്പോഴെങ്കിലും കണക്കെടുത്ത് നോക്കാറുണ്ട് ഒരു മനുഷ്യനും കണക്കെടുക്കാറ് കൂടുതലും നഷ്ടക്കച്ചവട പക്ഷെ മനുഷ്യരെല്ലാം കണക്കെടുത്ത് നോക്കാറ് അതവർക്കിഷ്ടമില്ല കാരണം എന്താണോ നഷ്ടത്തിന്റെ നടന്നില്ലാണല്ലിഷ്ടം ഏതെങ്കിലും ഒന്ന് വിജയിച്ചാൽ നമ്മൾ വിളിച്ചതോ ഞാനവിടെ പോയി അത് ചെയ്തുകൊണ്ടാണ് നടന്നത് ബാക്കിയെല്ലാവരും സൗകര്യപൂർവ്വം വിസ്മരിക്കത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് പറയുന്നു ഇത് നസിയ സ്വർഗമില്ല ചെയ്തവിടെ എത്തുകയല്ലെങ്കിലും അതുകൊണ്ട് തഥാകിംസിയാ അതുകൊണ്ടെന്താ വേണ്ട ഇനി ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ലോട്ടറി ഇല്ല നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു ഒരു ഉറപ്പൊന്നുമില്ലായിരുന്നു സ്വർഗം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി ഇല്ല എന്തെങ്കിലും പറഞ്ഞ ശേഷം നിങ്ങൾ സ്വർഗത്തിൽ പോകും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല പിന്നെ ഇല്ല എന്ന് വിചാരിച്ച് ഈ കർമ്മം ചെയ്യാതിരിക്കുന്നവനാണോ നഷ്ടം അതാണ് നാസ്തികോഹത ആസ്തി നഷ്ടമാണ് ഒരു പക്ഷെ അവൻ ഒരു സ്വർഗ്ഗത്തിൽ പോകാമായിരുന്നു ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി കർമ്മം ചെയ്തിരുന്നെങ്കിൽ അമനും എന്തായിരുന്നു സ്വർഗം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ കർമ്മം ചെയ്തില്ല അവൻ സ്വർഗം നഷ്ടപ്പെട്ടു നിങ്ങൾക്കെങ്ങനെയല്ല ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്താണോ ിറ്റിറ്റി ഏരിയ നിങ്ങൾക്ക് എന്തായാലും സംശയം ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഉറപ്പാണ് എട്ടല്ലെങ്കിൽ രണ്ട് ലെവലിൽ ഒന്ന് ഉറപ്പാണ് ക്ലോസി ലെവലി ഇന്നതാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് കർമ്മം ചെയ്യുക സ്വർഗമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുക സ്വർഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാസികനെ സംബന്ധിച്ച് അങ്ങനെയല്ല അവൻ സ്വർഗ്ഗമില്ലെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് അവൻ ഒരിക്കലും എന്ത് ചെയ്യുന്നു സ്വർഗം കിട്ടാനേ പോകുന്നു ഇത് ഇന്ന് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മുസ്ലിം സ്കോളേഴ്സ് അവരെ വിശ്വാസികളെ കൂടെ നടത്താൻ ഒരു വലിയ ഒരു യുക്തിയാണ് അവരി വലിയ വ്യക്തിയായിട്ടാണ് അവരുടെ പലയിടത്തും ഞാനത് വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവർ പറയുന്ന ഒരു പ്രധാന ആയുധമാണ് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ മതാചാരങ്ങളനുസരിച്ച് തന്നെ ജീവിക്കണം അത് ചെയ്തേക്കും അഞ്ചു നേരം നമസ്കരിക്കുക പല ലോകത്തിൽ വിശ്വസിക്കുക അള്ളാവിനെ മാത്രം ദൈവമായിട്ട് ആരാധിക്കുക വിഗ്രഹങ്ങളെ ആരാധിക്കാതിരിക്കുക ഇങ്ങനെ കൃത്യമായി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടൊരു നഷ്ടം വരാൻ പോകും എന്നുകൊണ്ട് സ്വർഗം ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം ഒന്നും ഇല്ല എന്താകളു സ്വർഗം കിട്ടുകയെന്നല്ലോ അതിനെന്താ ഉള്ളൂ ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ അസുഖം നിഷേധിച്ചിടങ്ങുന്നവന് ആ പകുതി ചാൻസ് എന്താണ് സ്വർഗം കിട്ടാനുള്ള ചാൻസ് ഇല്ല ഗ്രഹകർ സ്വർഗം അവരുപയോഗിക്കുന്ന അവരുടെ അനുയായികളോടൊപ്പം ഉപയോഗിക്കുന്ന ഒരു പുതിയൊരു വാദമാണ് ഇത് പണ്ടേ ഇവിടെ പറയുന്നതാണ് വൈദികന്മാര് പണ്ടേ പറയുന്നതാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ പഠിക്കണം ചെയ്യുക ഉണ്ടെങ്കിൽ എന്തു നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നെങ്കിലും നഷ്ടമൊന്നുമില്ല ഇത് വളരെ ഒരു നിരുപദ്രവകരമായ ഒരു ചിന്താഗതി എന്ന് തോന്നുമെങ്കിലും ഇതിന് വലിയ അപകടം കാരണം ഇത് ഉപദേശിക്കുന്നവരാണ് പുരോഹിതനാണ് ഏത് മതത്തിലായാലും പുരോഹിതം പറയുന്നത് ഞാൻ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ ഈ ലോകത്തെ ജീവിച്ചു കഴിഞ്ഞാൽ മരണശേഷം സ്വർപ്പമുണ്ടെങ്കിൽ നമുക്ക് പറ്റും ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമൊന്നും പക്ഷെ എന്നെ അനുസരിക്കാതിരിക്കാൻ നിങ്ങൾ നാസ്തികനാകും നിങ്ങൾക്ക് ഒരിക്കലും സ്വർഗം എന്ന് പറയുന്ന ഒരു ചാൻസും ഇതൊന്നും നിങ്ങൾ ക്ലോസ് ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്ക് തൈല്യ ഇതിലെ അപകടം എന്താണോ ഒളിച്ചു വച്ചിരിക്കുന്നവരപകടം പുരോഹിതന്റെ ബുദ്ധി എന്ന് പറയുന്നത് വക്രബുദ്ധിയാണ് വക്രബുദ്ധിയുള്ളവരാക്കെ പുരോഹിതനാകാൻ പറ്റും എന്താ പറയുന്നത് ഇനി പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കാമെന്ന് വെച്ചാൽ അവൻ ജീവിക്കുന്നവർക്ക് പൗരോഹിത്യത്തിന് അടിമയായി ആണ് പുരോഹിതന്റെ നേട്ടം അങ്ങനെ അവൻ ജീവിക്കുമ്പോ അവൻ പൗരോഹിത്യ അടിമയായി ജീവിക്കും അപ്പോ സംശയാലും ഓരോ വ്യക്തിയെ അടിമയാക്കുന്നതിന് വേണ്ടി പുറകിതം കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് യുക്തികളെല്ലാം നല്ലതൊന്നു അതുകൊണ്ട് തന്നെ യുക്തിവാദം എന്ന് പറയുന്നത് ഒരു നല്ല ഏർപ്പാടൊന്നും ഇല്ല കാരണം യുക്തി എന്ന് പറയുന്നത് നല്ലതിനുപയോഗിക്കാൻ ചീത്തക്ക് ഉപയോഗിക്കും നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനും യുക്തി ഉപയോഗിക്കാം അതുപോലെ തന്നെ ചീത്ത സ്വീകരിക്കാനും യുക്തി ഉപയോഗിക്കും അതുകൊണ്ട് യുക്തിവാദം എന്ന് പറയുമ്പോൾ അത് നല്ലതാണെന്ന് ധരിക്കാൻ പാടില്ല അല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യുക്തി ഉപയോഗിക്കുന്നത് അതെപ്പോഴും നല്ലതാണ് സയൻസ് സയൻസിലൂടെ തീരുമാനങ്ങൾ എത്തിച്ചേരുന്നതിനോട് യുക്തി ആവശ്യമാണ് യുക്തിയെ കൂട്ടുപിടിച്ചാണ് സയൻസ് കുറെ സിദ്ധാന്തങ്ങൾ എത്തിച്ചേരുന്നത് അങ്ങനെയുള്ള യുക്തി നല്ലതാണ് പക്ഷെ യുക്തിവാദം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ായിരിക്കുന്ന വ്യക്തിയുണ്ട് അതാണ് എന്തായാലും നിങ്ങൾക്ക് നഷ്ടം നിങ്ങൾ ചെയ്യുക ചെയ്താൽ ഉണ്ട് ഞങ്ങൾക്ക് സ്വർഗം എന്തെങ്കിലും നഷ്ടമൊന്നുമില്ല ലഘുവായ ഒരു വ്യക്തിയുണ്ട് നിങ്ങളത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താണോ ആ ഞങ്ങളുടെ അടിമകളായിരിക്കുക ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ജീവിക്കുക ജീവിതമല്ല ഞങ്ങൾ പറയുന്ന അനുസരിച്ച് രക്ഷപ്പെടുത്തുക അങ്ങനെ വരുമ്പോ അവൻ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു അടിമത്തത്തെ അവൻ സ്വീകരിക്കുകയാണ് അപ്പൊ അവന് ബോധ്യപ്പെടുന്ന ഒരു വ്യക്തിയും പറഞ്ഞു കൊടുക്കണം ഇതാണ് അപ്പൊ വിശ്വാസമില്ലെങ്കിലും അവൻ നിർബന്ധിതനായി ചെയ്യുകയാണ് അവന് ബോധ്യപ്പെട്ടില്ലെങ്കിലും അവൻ നിർബന്ധപൂർവ്വ വിശ്വാസത്തെ സ്വീകരിക്കുകയാണ് ഈ കാശൊക്കെ മുടങ്ങി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു മരണശേഷമുള്ള കാര്യമുണ്ട് പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനാണ് പൗരോഹിത്യം അടിമയത് ഇതാണ് പൗരോഹിത്യത്തിൻ്റെ ഒരു ദോഷവും പൗരോഹിത്യം എന്ന് പറയുന്നവരെന്താണ് ഒരു ബുദ്ധിയുടെ കളിയാണ് ഒരു വക്രബുദ്ധിയുടെ കളിയാണ് കേവലം എന്താണ് ഒരു പുഷ്പാഞ്ജലി ചെയ്യുന്നതോ അർച്ചന ചെയ്യുന്നതൊന്നും അല്ല ഭർവീ മനുഷ്യനെ അടിമയാക്കാൻ വേണ്ടി ബുദ്ധിയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന കുതന്ത്രമാണ് ഓരോ വ്യക്തിയെന്ന് പറയുന്നത് അവിടെയാണ് ഇത്ര യുക്തികൾ വരുന്നത് ഏത് വിലേനെയും അവനെന്താണ് തൻ്റെ ചൊൽപ്പടിക്ക് നിറക്കുക താൻ പറയുന്നവരേക്ക് അവനെ നയിക്കുക സാധാരണ മനുഷ്യനത് പിടികിട്ടില്ല അവൻ ഇത്ര യുക്തികളുടെ വീണും അവിടെയും തന്നെ ഉപയോഗിക്കുന്നു പക്ഷെ ഇവിടെ പറയുന്ന കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല ഇവിടെ എന്താണ് നിങ്ങളോടൊന്നും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല സ്വർഗത്തിന് പോകാൻ വേണ്ടിയാകില്ല അതൊന്നും ആവശ്യപ്പെടുന്നില്ല ഇവിടെ പറയുന്ന എന്താണോ ഇത്തരം ഒരു സന്തോഷം മാത്രം കൊടുക്കുന്ന ഒരറിവ് ദുഃഖത്തെ ഒഴിവാക്കുന്ന ഒരാറും ആ ആധാരമായിട്ടുള്ള ആത്മാവ് ഇല്ലയോ എന്നതിനുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇനി കാരണം അത് സംശയിക്കാനെന്താ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു മറ്റുള്ളവരാരും അത് അംഗീകരിക്കുന്നില്ല അത് ഒരേ ഒരു കൂട്ടം ഈ അദ്വൈതികൾ മാത്രമേ പറയുന്നുള്ളൂ സ്വാഭാവികമായിട്ട് ഒരുപാട് പേർക്ക് അതിൽ സംശയം വരും പറയുന്നു അതിന്റെ അസ്തിത്വത്തെ നിങ്ങൾ സംശയിച്ചാലും കുഴപ്പമൊന്നും വരും നിങ്ങളുടെ വിചാര ശരിയായിരുന്നു ആനന്ദത്തെ ഒരാളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആനന്ദം വരുന്നവരാ ആനന്ദത്തെക്കുറിച്ചാണ് അയാൾ നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ അയാൾക്ക് ആനന്ദമായിരുന്നു താൻ അസംഖ്യനാണ് അതുകൊണ്ട് നിസ്സംഗമായി കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ അസംഖ്യനായവര് താനില്ലെങ്കിലും നിസ്സംഗമായ കർമ്മത്തിന് ഫലം ഇത്രേ പറയും ആ നിസ്സംഗമായ കർമ്മം എന്ന് പറഞ്ഞൊരു മാനസിക ഭാവമാണ് ഇതൊരറിവിന്റെ ഒരു തലമാണ് അതാണ് ഇവിടെ പറയുന്നത് അതിനെ സ്വീകരിക്കുക അറിവിനെ സ്വീകരിക്കുക അതാണ് വാസൃഷ്ടത്തിൽ അതിനപ്പുറം പോയിട്ടത് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമാണ് അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടാകുന്നു ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും സ്വീകരിക്കുന്നു ശങ്കരാചാര് മാത്രമേ ബുദ്ധിമുട്ടൂ രാമാനുജന് ബുദ്ധിയില്ല മാത്തനെ ബുദ്ധിയിട്ടു ദൗരാരും എന്തുകൊണ്ട് സ്വീകരിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരും എന്തായാലും ഒരു കാര്യം പറയുന്നുണ്ടോ എല്ലാവരും ഒരു ആത്മാവുണ്ട് അത് പറയുന്നുണ്ട് അത്രയും കൂടുതലായിട്ട് വിശേഷികളെങ്കിലും കൊണ്ട് ഈ അറിവിനസ് ചെയ്യുന്നത് ആനന്ദത്തെ ധ്യാനി അയത് ഭാവേ ഭാവന ചെയ്ത് അത് തന്നെ ഭാവന ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ സുഖം തന്നെ ഭാവന ചെയ്യുകയാണെങ്കിൽ ദുഃഖം ഡറിവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന അതാണ് അതുകൊണ്ടാണ് ഇതിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഫലത്തിൽ ഇത് പ്രവർത്തിക്കുന്ന ഒരു സൈക്കോതെറാപ്പി പോലെയാണെങ്കിലും ഞാൻ പറഞ്ഞു ദുഃഖത്തെ ഒഴിവാക്കാനുള്ള ഒരു ഉപായമായിട്ടാണ് ഇത് നിർദ്ദേശം മനസ്സിൽ സന്തോഷം കണ്ടനിർത്താൻ മനസ്സിൻ്റെ സംഘർഷങ്ങളെ ഉത്കണ്ഠകളെ മനസ്സിന്റെ ആശങ്കകളെ എല്ലാം മാറ്റിവെക്കാൻ ഉള്ളൊരു ഉപായമായിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു വന്നിട്ട് അവസാനം ഇത് പറയുന്നത് എന്താണ് നാസ്തി ചെയ്യുന്ന വിചാരേ അദോഷപ്പോ ഭവതാഭവം ഇല്ലെങ്കിൽ വിചാരം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനുണ്ട് അസ്തി ചെയ്യേ തത് സമുദ്രതീർണ ഭവിഷ്യത്വ ഭവാർണവ ഈ ഭവാർണവത്തിൽ നിന്നൊരാള് ദുഃഖത്തിൽ നിന്നൊരാളും മോചനം ചെയ്യുന്നത് നമുക്ക് കുറിച്ച് പറയുന്നുണ്ട് അവന്റെ പ്രാധാന്യം അപ്പൊ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ പോകാൻ അപ്പോ വളരെ സങ്കീർണ്ണമായ ജടിലമായ തത്വചിന്തകളിൽ പോയി ചാടി ബുദ്ധിക്ക് ആയാസം നൽകുന്ന കാര്യങ്ങളൊന്നുമില്ല ഈ പറയുന്ന കാര്യം അതുപോലെ പിന്തുടർന്ന മനോട് പറയുന്നതിനു അതുകൊണ്ടെന്താണ് സർവം മേവച്ച കുറുവന്തി ഇന കുറുവന്തി ഈ ജനത്തിന്റെ ഒരു മനോഭാവം പ്രവർത്തിക്കുമ്പോഴും അനായാസമായി പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കാതിരുന്നാലും അനായാസ എന്നാണ് അത് എന്താണ് ഒരുപാടൊക്കെ വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുമ്പോ സ്വസ്ഥത നഷ്ടപ്പെട്ടുള്ളതാണ് അത് അടുത്ത് വ്യക്തമായി പറയും ഗീതയിലേങ്ങനെ ഇതുപോലൊരു ഗീതയിലെ പദ്യങ്ങളോട് പലടത്തും കടന്നും തക്തോ കർമ്മഫലാസോ നിത്യതൃത്വം നിരാശ കർമ്മ അഭിപ്രായം പോവേ ി സോർമ്മേണ്ട ഗീതാപ്രഭാഷണം നടക്കുന്നത് തെക്കുവ കർമ്മഫലാസന്നോട് പറയും കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ ഈ കർമ്മം ഈ കർമ്മത്തിന് ഇന്നതാണ് ഫലമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം അല്ലാതെ എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും ഫലം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടല്ല അങ്ങനെയല്ല പറയുന്നത് ലക്കു ലാൻ ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കർമ്മം ചെയ്യുന്നവന് വ്യക്തമായ ബോധം വേണം എന്താണ് ഈ പ്രവൃത്തിയുടെ ഫലം ഇന്നതാണ് എന്ന് വ്യക്തമായ ബോധം വേണം അങ്ങനെ ബോധമുണ്ടായിരിക്കെ ആ ഫലത്തോടുള്ള ആസക്തിയെ ത്യജിച്ചിട്ടില്ലെങ്കിൽ പിന്നെങ്ങനെ ഫലാസക്തിയെ തെറ്റി കർമ്മ ഫല ആസംഗം ആസക്തി മനസ്സിന് വരുന്ന അതിനോടുള്ള ആ പൊട്ടൽ ആസക്തി ഫലത്തോ ഫലമില്ലതാണെന്ന് അറിയാം അപ്പോ കർമ്മത്തിന് നിയമമുണ്ട് അതിനനുസരിച്ച് സംഭവിക്കേണ്ടതാണ് ഞാൻ ചെയ്യുന്ന കർമ്മം ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോ അങ്ങനൊരു ഫലം സംഭവിച്ചതന്നെ തീരുമെന്നറിയാം പക്ഷെ ഫലത്തിനുള്ള ആസക്തി വന്നു കഴിഞ്ഞാൽ കർമ്മത്തിൽ ശ്രദ്ധ കുറയും കർമ്മം നേരം ചെയ്യാൻ കഴിയുകയില്ല പിന്നെ ഫലത്തിൽ തൻ്റെ സാമർഥ്യത്തിന് അതീതമായി ഫലത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം തന്നെ വലിയ നിരാശയിലേക്ക് പോകും കാരണം കർമ്മം തന്റെ ഫലം എന്താണെന്ന് എനിക്കറിയാം വ്യക്തമായിട്ട് അറിയാം ഇന്നതാണ് എന്താണുള്ള ഒരാൾ കർമ്മത്തിൽ പ്രവർത്തിക്കുന്നത് പ്രോവർട്ടി ലേഖപ്പെടുന്നത് ഇന്നതാണ് എന്ന ഫലം എന്ന് പറഞ്ഞിട്ടാണ് ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുകൊണ്ടാണ് ബിസിനസ് ചെയ്തത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെത്ര സമൃദ്ധനായാലും ശരി തന്റെ നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങൾ കൊണ്ട് സംഗതി നഷ്ടമായാലും അപ്പോൾ അത് തന്നെ തകർത്തുകളെ ചെയ്യുന്ന സാധാരണ മനുഷ്യരും എങ്ങനെയാണ് കണ്ടുവരും ഏത് പ്രവൃത്തിയായാലും അവിടെയാണ് എന്തോ പറയുന്നത് ഫലത്തെക്കുറിച്ച് അറിയാം പക്ഷെ കർമ്മത്തിലെങ്ങനെയാണോ അവൻ വാശി പിടിക്കുന്നത് അതുപോലെ ഫലത്തിൽ ഒരാൾക്ക് വാശി പിടിക്കാൻ പറ്റില്ല അതാണ് കർമ്മത്തിൽ തന്നെ അതെനിക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ചെയ്യാം കർമ്മത്തിൽ ചിലപ്പോൾ ന്യൂനത വെക്കുമ്പോൾ തന്റെ ബുദ്ധിക്കും കഴിവിനും അപ്പുറമായിരിക്കും ചിലപ്പോൾ കർമ്മത്തിന്റെ തന്നെ പൂർണ്ണത കർമ്മത്തെ പൂർണ്ണമാക്കാനുള്ള ശേഷിയിലപ്പോൾ തനിക്കില്ലാത്ത ശേഷി സേമിയില്ലാതെ ബുദ്ധി ഇല്ലാതെ കർമ്മത്തിൽ ന്യൂനം വരാം തീർച്ചയായും ഫലം പരാജയത്തിലേക്ക് വരാം തൻ എത്തിക്കാൻ ആഗ്രഹിച്ചെടുത്തത് എത്തിയില്ല ഒരു ൂട്ടി തന്നെ ഫലത്തോടെ നിസ്സന്ധമായ നിലപാടെടുക്കുക എന്തായാലും ഇതാണ് സംഭവിക്കേണ്ടത് പക്ഷേ ഇത് എന്ത് സംഭവിക്കാനും ശരി ചെയ്യുക എന്നുള്ളതാണ് ഫലം ഇന്നതാണ് വരേണ്ടത് ന്യായമായിട്ടും പക്ഷെ അങ്ങനെ അല്ലാതെയാണെങ്കിലും തൻ പ്രവർത്തിക്കുക അത് തന്റെ കഴിവിന് അതീരമാണ് പലപ്പോഴും കാര്യങ്ങൾ എന്നുള്ള ബോധ്യം കൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെക്കുന്നത് നിത്യതൃപ്തനായി മനസ്സിൻ്റെ സന്തോഷത്തെ നിലനിർത്തി അപ്പൊ സന്തോഷം എന്തായാലും നിലനിർത്തണം കർമ്മത്തിലും നിലനിർത്താൻ ശ്രമിക്കണം ഇനി കർമ്മം ബോധിയായാലും ഫലത്തെ അനുഭവിക്കുമ്പോൾ ആ ഫല ത്തെ നേടുമ്പോഴും മനസ്സിൻ്റെ ഒരു സന്തോഷം തൃപ്തി എന്നൊക്കെ പറയും നിരാശ്രയനായി മനസ്സെന്ന് പറയുന്നത് കർമ്മം കർമ്മത്തിനോടനുബന്ധിയായി വരുന്നങ്ങൾക്ക് പല കാര്യങ്ങളും ബലം ഇത്തരം ആശ്രയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ ആശ്രയിക്കാതെ എന്ന് വെച്ചാൽ ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ എന്താണ് അതിൽ ഒറ്റയ്ക്ക് ഒരു പ്രവൃത്തി സമൂഹത്തെ ആശ്രയിക്കുകയാണെങ്കിലും അതിൻ്റെ ഫലമെന്ന് പറയും നിരവധി വ്യക്തികളുമായി സഹകരിച്ച് മനുഷ്യനൊരു കർമ്മം ചെയ്യാൻ പറ്റും ഒറ്റയ്ക്കൊരു അത് സാധിക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു കർമ്മം എന്താണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മുമ്പിനും പിമ്പിനും നമ്മളെ ചുറ്റിലും നമ്മുടെ കർമ്മത്തിൻ്റെ പങ്കു പറ്റുന്നവരായിട്ടും അതിൻ്റെ ഗുണഭോക്തായിട്ടും അതിന് നാശം ഒക്കെ ചുറ്റുപാട് മനുഷ്യരുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും മനസ്സ് നിറത്താൻ പോയി കഴിഞ്ഞാൽ കർമ്മത്തെ ശരിയായി അറിയിക്കാൻ പറ്റും അന്ന് കർമ്മ അനുബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളെ ആശ്രയിക്കുക മനസ്സിനെ അതിൽ സമർപ്പിക്കുക അനുകൂല പ്രതികൂലങ്ങൾ അവിടെ നിന്നൊക്കെ ഉണ്ടാവും അതിനെ ശ്രദ്ധിക്കാതെ നിരാശ്രയനായി കർമ്മഫലാശ്രമ നിരാശ്ര കർമ്മിപ്രവർത്തവും പക്ഷെ കർമ്മ പൂർത്തിയാകുന്നുവെങ്കിൽ അത് അഭിപ്രവർത്തനം താൽപ്പര്യപൂർവ്വം തന്നെ പ്രവർത്തിക്കും താല്പര്യമില്ലാതെ ചെയ്യുന്നു താല്പര്യപൂർവ്വം കർമ്മത്തിൽ ഒരാൾ പ്രവർത്തിക്കണം ലംഘിക്കണം ആ കർമ്മത്തിൽ അയാൾ ചെയ്യുന്നതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം അങ്ങനെ ആധുനികമായ മാനേജ്മെന്റിന്റെ ആശയം അദ്ദേഹം കർമ്മം ചെയ്യുന്നവൻ അവന് നിർദ്ദേശിക്കപ്പെട്ട കർമ്മം അവന് ചെയ്യുന്നതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ആവശ്യമില്ലാത്ത ഇടപെടലുകളും നടത്താതെ ഇനി അക്രമം ചെയ്യാൻ അവന് പ്രാപ്തനുണ്ടെങ്കിൽ അവനെ അക്രമത്തിൽ ഏർപ്പെടുത്താതെ അതുകൊണ്ടാണ് ആദ്യം അവന് യോഗ്യതയുണ്ടോ എന്ന് അപ്പോൾ ഒരാൾ സ്വയം തീരുമാനിക്കണം എനിക്ക് യോഗ്യതയുണ്ടോ ഈ പ്രവൃത്തി ചെയ്യുന്നതിനും യോഗ്യതയുണ്ടോ എന്ന് തീരുമാനിച്ചു ആ പ്രവൃത്തി അവന് സ്വതന്ത്രമായി ചെയ്യാൻ ഇനി അവന് സ്വതന്ത്രമായും ചെയ്യാനുള്ള ശേഷിയില്ലാത്തവനാണെങ്കിൽ അവന് കർമ്മത്തിൽ അവൻ സ്വയം കർമ്മം ഇന്നിപ്പോൾ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മളെ മറ്റുള്ളവരെ ഏർപ്പെടുത്തുന്നതാണ് പലപ്പോഴും നമ്മൾ സ്വയം ഏർപ്പെടുന്ന സ്വയം കർമ്മങ്ങളെ തെരഞ്ഞെടുക്കുക പറയുന്നത് അപൂർവം പേർക്ക് സാധിക്കും പലപ്പോഴും എന്താണ് നമ്മളെ കർമ്മത്തിന് വേണ്ടി മറ്റുള്ളവർ തിരഞ്ഞെടുക്കുകയാണ് താൻ തൻ്റെ കർമ്മത്തെ തിരഞ്ഞെടുക്കുകയാണ് അതുകൊണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ സ്റ്റാർട്ടപ്പ് ഒക്കെ വേണം ഇത് മറ്റ് സ്റ്റാർട്ടപ്പിനകത്ത് നമ്മൾ നിൽക്കുകയാണ് ആരോ ഒക്കെ തുടങ്ങി വെച്ച സ്റ്റാർട്ടപ്പുകളുടെ ഭാഗമാണ് കർമ്മത്തിന്റെ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം വരുന്ന കർമ്മത്തിലേക്ക് നമ്മൾ മറ്റോ തിരഞ്ഞെടുക്കുകയാണ് ഇത് എഴുതി വെച്ച കാലത്ത് ആ കർമ്മ സാഹചര്യങ്ങളൊക്കെ മാറി എന്താ കർമ്മത്തിന്റെ സാഹചര്യമാണ് രണ്ട് രീതിയിലായാലും ശരി അവൻ പ്രവർത്തിക്കുമ്പോൾ കർമ്മനെ അഭിപ്രായം അതിന്റെ അടിസ്ഥാനമായ മനഃശാസ്ത്രം കൂടെ പറയുന്ന ഒന്ന് തന്നെ അവൻ താല്പര്യമുണ്ട് ആ താല്പര്യം വേണമെന്ന് മറ്റ് സാഹചര്യങ്ങളൊക്കെ അതിന് താല്പര്യം വേണമെങ്കിൽ ഇഷ്ടം അതിന് ഇഷ്ടംപെടുന്നതിന് സ്വാതന്ത്ര്യം അത് മുഖ്യമായൊരു കാര്യം സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കും അപ്പൊ കർമ്മം ചെയ്യുന്നിടത്ത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോ നല്ലതാണല്ലോ സി സി ടി വി അവിടെ വെച്ചിരിക്കുന്നതല്ല സി സി ടി തന്റെ സ്വാതന്ത്ര്യത്തിന് ഒന്നും വരുന്നില്ലല്ലോ തന്നെ ഒരാൾ വാച്ച് ചെയ്യുന്നതെന്നല്ല ഒരു പക്ഷേ എന്തെങ്കിലും ദോഷം ഉണ്ടായിക്കൊണ്ടി കാണിക്കാം താനും കുറച്ചുകൂടി വിജിലൻ്റായിരുന്നു ആരോ തന്നെ ശ്രദ്ധിക്കുന്നു അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താണ് എന്റെ സ്വാതന്ത്ര്യം അത് മുഖ്യമായ അപ്പം നമ്മൾ സ്വയം ഒരു കർമ്മത്തിൽ ഏർപ്പെടുകയും നമ്മൾ തന്നെ മറ്റാരെങ്കിലും ഒരു കർമ്മത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്ന നമ്മൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയാണ് എന്നാലേ ഒരാൾക്ക് താത്പര്യപൂർവ്വം ഒരു കർമ്മത്തിൽ പ്രവർത്തിക്കാൻ പറ്റും കർമ്മിപ്രവൃത്തോഭി പിന്നെന്താ പറയുന്നത് നൈവിത് കരോദിസ അതാണ് ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ ഒരു അതാണ് എന്താണ് കർമ്മത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഞാനൊന്നും പ്രവർത്തിക്കുന്നില്ല അത് ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ വേണം കർമ്മത്തിൽ പ്രവർത്തിക്കാനുള്ള ഇഷ്ടം മനസ്സ് അവിടെ ജനങ്ങളൊരു താല്പര്യപൂർവ്വം കർമ്മത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവന്റെ മാനസിക ഭാവം അവന് സൂക്ഷിക്കണം എന്നാണ് കർമ്മത്തെ ഉപേക്ഷിച്ചവന്റെ അവനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഭാവം എന്നുവെച്ചാൽ അവിടെ ആ കർത്തൃത്വത്യാഗം അതുകൂടി അവിടെ ഉണ്ടാവും അതിൽ അവൻ കൊണ്ടെന്താ ദോഷം അവൻ വളരെ അഹംഭാവത്തോടുകൂടി അവന് കർമ്മം ചെയ്താലെന്താ ദോഷം അഹംഭാവത്തോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ ഫലങ്ങൾ അവന് ഒരുപാട് ഉപദ്രവിക്കും കാരണം അവന്റെ അഹംഭാവത്തിന് വേണ്ടി അടിയായിരുന്നു കർമ്മത്തിന് വിപരീതമായ ഫലം ഉണ്ടാകുക അത് അവന്റെ അഹംഭാവത്തിന് കിട്ടുന്ന അടിയായി താൻ പരാജയപ്പെട്ടു എന്നപ്പോഴാണ് അഹംഭാവമില്ലാത്തവനാണെങ്കിലും താൻ പരാജയപ്പെട്ടു നോക്കി കർമ്മത്തിന്റെ സ്വഭാവമാണോ ചെറുപ്പവിജയമായി ചർമ്മ പരാജയമായി രണ്ടിനെയും അവന് സ്വീകരിക്കാവുന്ന ഒരു മനസ്സുണ്ടാവും മറ്റങ്ങനെ കർമ്മത്തിന്റെ പരാജയം തന്റെ അഹംഭാവത്തിനേറ്റാ അടിയായിട്ട് തോന്നുമ്പോൾ അവൻ പെട്ടെന്ന് നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും അതുകൊണ്ട് ഏറ്റവും നല്ലൊരു മനോഭാവം കർമ്മത്തെ സംബന്ധിച്ചെന്താണ് വ്യക്തിത് പരോലീസ് അവനൊന്നും തന്നെ ചെയ്യുന്നുണ്ട് അഹംഭാവത്തോ കൂടി ചെയ്യുന്നില്ല എന്നൊന്നും ഉണ്ട് താല്പര്യമുണ്ടോ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടത്തരത്തിലുള്ള തന്നെ തളർത്തി കളയുന്ന അഹംഭാവത്തോടുകൂടി അവർ ഒന്ന് ചെയ്യുന്നു ഞാനെന്നുള്ള ബോധമില്ലാതെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മള് വളരെ ലാഘവത്തിൽ പറയുന്ന കാര്യമില്ല ഞാനെന്നുള്ള ബോധമില്ലാതെ അത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഞാനെന്നുള്ള ഭാവം ഇപ്പോഴും അന്തർലീനമായി നമ്മളിലുണ്ട് അതിനാശ്രിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അത് വേറെയാണ് അഹം ഭാവം വേറെ അതെന്താണ് അതിൽ ഒരു അഹന്തയെ കൂടുതലായി കൂട്ടിച്ചേർക്ക ഞാൻ വലിയ കേമ്മനാണെന്നുള്ളൊരു ഭാവം തനിക്ക് പലതും ചെയ്യാൻ കഴിയും എന്നുള്ള തന്റെ വാസ്തവത്തിലെ സാമർഥ്യത്തെക്കാൾ കൂടുതൽ സാമൃഥ്യമുണ്ടെന്ന് കരുതുന്നു തനിക്കൊരു സാമൃഥിയുണ്ട് ആ സമൃദ്ധിയെക്കുറിച്ച് ബോധമുണ്ടായിരിക്കുന്നത് അഹംഭാവമാണ് ബോധം വേണം തനിക്ക് എത്രമാത്രം ശേഷിയുണ്ട് തനിക്ക് എത്ര സേമിഷയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് തനിക്ക് ശരിയായ ബോധം വേണം അല്ലെങ്കിൽ അവന് പ്രവർത്തിക്കാൻ പറ്റും അത് കൂടുതൽ ഓവർ എസ്റ്റിമേഷൻ അത് നല്ലതാണ് അതാണ് അഹംഭാവം കേട്ടില്ല ഒന്ന് എന്താ പറയുന്നത് ആ അതെ അതെ അതൊക്കെ നല്ലത് തന്നെയാണ് അത് ശരി തന്നെയാണ് ഈ പറയുന്നതൊക്കെ ഞാൻ കുറച്ചുകൂടെ തന്നെ ഒന്ന് വിശദീകരിച്ച് പറയുന്ന വരുന്നു സാറിനെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമ്മളെന്താ ചെയ്യുന്നത് അതിൻ്റെ ആന്തരികമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സമ്മാ പൂച്ച പൂച്ച എന്ന് പറയുന്നവരെ മറ്റുള്ളവർ പറയുന്നതായിട്ട് നമ്മളും പല കാര്യങ്ങളും ഉരുപടുന്നുണ്ട് അതിന് നമ്മൾ ഗ്രഹിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടെന്നാണ് ഞാൻ പറയും ഇത്രയുള്ള വ്യത്യാസം അതൊക്കെ അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് പക്ഷെ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യുന്നു അത് കേവലം ഒരു അനുകരണമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ അതിന്റെ ആന്തരികമായ താല്പര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ പറയുന്നേ ഉള്ളൂ അല്ല നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യം പറയുന്നു ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതിനകത്ത് കൂടുതലുണ്ടെന്ന് എന്നാണ് പറയുന്നത് അപ്പോ അവിടെ എന്ത് വരുന്നു അതാണ് ആ മനോഭാവം എന്താണ് ഇന്ന കുറുവൻ ദീഹകിന്തിന് അതാണ് ഞാൻ ഇത്രയും പറയുന്നത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു മനോഭാവത്തെ നമ്മളെങ്ങനെ എത്തിച്ചേരും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാതെ രണ്ടിനും മനുഷ്യർ സ്വാതന്ത്ര്യം രണ്ട് സ്വാതന്ത്ര്യത്തെ ഇവിടെ അംഗീകരിക്കുന്നു അടിസ്ഥാനപരമായി ഇവരെന്നും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ ചെയ്യുന്നു ചെയ്തില്ല എന്നുള്ള പറഞ്ഞു തരും സ്വച്ഛമേ വർ തിഷ്ടവച്ഛം കുറവന്തി ാന്തി ഉപാദേഹീത സ്വാധനിസ്ഥിത സ്വച്ഛമേവ അവതരിഷ്ടേ അപ്പോ അവന്റെ ആന്തരികമായ സ്വച്ഛത എന്ന് പറയും സ്വച്ഛന്തം എന്നെല്ലാം പറയും അവൻ്റെ മനസ്സിന്റെ ശാന്തമായ അവസ്ഥ അതാണ് നിർമ്മത്സരമായ ഒരവസ്ഥ നമ്മളീ പ്രവർത്തി ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞല്ലോ മനുഷ്യനും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല പ്രവർത്തിക്കുന്നത് സമൂഹത്തിലേ പ്രവർത്തിക്കാൻ അങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുക സ്വാഭാവികമായി വരുന്നതാണ് പ്രവർത്തിക്കുന്നിടത്ത് വരുന്ന മത്സരി പരസ്പരം വേറൊരാളോട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഒരു നിസ്സഹകരണവും വരും മനസ്സിന് അസ്വസ്ഥ അപ്പോൾ സഹകരണം നഷ്ടപ്പെടുന്നു ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഏകാന്തത എന്ന് പറയുന്നത് എന്താണ് കർമ്മത്യാഗത്തിലേ ഉള്ളു കർമ്മത്തിലെ ഏകാന്തതയുണ്ട് കർമ്മം ഇപ്പോഴും എന്താണ് സമൂഹവുമായി ബന്ധപ്പെട്ടവരുടെ കാര്യങ്ങളും ഒറ്റയ്ക്കൊരു കർമ്മം അത് മറ്റുള്ളവരോട് ചേർന്നേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റും ഏകാന്തതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കർമ്മം ചെയ്ത് അത് സമൂഹത്തോട് ബന്ധപ്പെട്ടേ ചെയ്യണം ഒരുപാട് മനുഷ്യരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ കർമ്മം ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടാവും മനുഷ്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങളുണ്ടാവും ഒരു ചേർച്ചയില്ലാകും പൊരുത്തക്കേടുകളും പൊരുത്തമുണ്ടാകുക അവർ തൻ്റെ സ്വച്ഛന്തത ഇവിടെ പറയുന്നു അവൻ അത് നിലനിർത്തുന്നു അല്ലെങ്കിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു സ്വച്ഛമേവ അവതിഷ്ഠന്തെ കർമ്മം ചെയ്യുമ്പോഴുള്ള കാര്യം പറയാം കർമ്മം ചെയ്തില്ലെങ്കിൽ അത് ഈസിയാണ് ഏകാന്തതയിലാണെങ്കിൽ അത് കുറച്ചുകൂടെ എടുക്കുന്നു പ്രവർത്തിക്കുന്നിടത്ത് അങ്ങനെ കർമ്മത്തോടുള്ള ആ കൊണ്ട് അവൻ സ്വച്ഛമായി തന്നെ ശാന്തമായി നിർമത്സരനായി മാലിന്യങ്ങളില്ലാതെ എന്നൊക്കെയുള്ള അർത്ഥമാണ് മനസ്സിൽ മനസ്സിൽ മാലിന്യം നമ്മുടെ മനസ്സിനാണ് അതില്ലാതെ അവൻ സ്ഥിതി ചെയ്യുന്നു സ്വച്ഛം കുറവന്തി അങ്ങനെ തന്നെ ശാന്തമായി അവൻ പ്രവർത്തിക്കുന്നു ഗാന്ധിഹി അസ്വസ്ഥതകളില്ലാതെ തലവേദനയില്ലാതെ അവൻ പ്രവർത്തിക്കുന്നു അത് അത്ര എളുപ്പമായ കാര്യങ്ങളത് എപ്പോഴാണോ നമുക്ക് തോന്നുന്നത് എന്താണ് നമ്മള് കർമ്മത്തിന് കർമ്മം ചെയ്യാൻ വേണ്ടി പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ഉത്സാഹങ്ങളും പ്രവർത്തിക്കുന്നു അപ്പോ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിജയത്തിലെത്തിക്കുന്നു അപ്പോ കഴിയുന്നതിന് നമ്മുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു കർമ്മം വിജയത്തിലെത്തിച്ചേരുന്നു കുഴപ്പമൊന്നും പ്രവൃത്തിയും നടക്കുന്നുണ്ട് പക്ഷെ ആന്തരികമായി എവിടെ ഒരു പോരായും എന്താണ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പറയുന്ന സ്വച്ഛത തന്റെ ഉള്ളിൽ നിലനിർത്താൻ കഴിയാതെ വരിക അത് നിലനിർത്തുന്നില്ല സ്വീകരിക്കും കർമ്മം ചെയ്യുന്നവൻ ചിലപ്പോൾ ആരംഭിക്കുന്നത് കർമ്മത്തിലായിരിക്കും ആനന്ദിക്കുക അല്ലാതെ ഈ പറയുന്ന പോലെ തൻ്റെ ഉള്ളിലായിരിക്കില്ല പ്രവൃത്തിയിലൊരാളൊരു ആനന്ദം കണ്ടത് പ്രവർത്തിച്ചുകൊണ്ടേ മനസ്സ് പ്രവൃത്തിയിൽ മുഴുകുന്നത് കൊണ്ടുള്ള ആനന്ദം അപ്പം അങ്ങനെ പ്രവൃത്തിയിൽ മനസ്സ് മുഴുകുന്നതിൽ ആനന്ദം കിട്ടുന്നു കണ്ടെത്തുന്നവരെന്ത് ചെയ്യും അവൻ പ്രവൃത്തിയിൽ അവൻ മുന്നും പിന്നും നോക്കത്തി അവൻ ശത്രുക്കളെയൊക്കെ സംഹരിച്ചുകൊണ്ട് പ്രവർത്തിക്കും മിത്രങ്ങളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കും ആന ആര് അവനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളവന് വിഷയമില്ല ആരെ അവനെ ഒഴിവാക്കുന്നു എന്നുള്ളതും വിഷയമില്ല അവനവന്റെ പ്രവൃത്തിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേ കർമ്മങ്ങളിൽ അവൻ വിജയിക്കും ഉള്ളിൽ നിന്ന് അവന് പൂർണമായും ആ ശത്രു മിത്ര ഭാവത്തെ ഒഴിവാക്കാൻ പറ്റില്ല ഉള്ളില് സ്വച്ഛമാവുന്നില്ല കർമ്മം ക്ഷേമമായി നടക്കും അവന് ആനന്ദമുണ്ടാവും കർമ്മം ചെയ്യുന്നതിനുള്ളതാണ് മിത്രങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ആനന്ദം ശത്രുക്കളെ ഒതുക്കുന്നതിനുള്ളതാണ് അങ്ങനെയാണ് പല ബിസിനസിലൊക്കെ നിന്നും വിജയത്തെ നേടുന്നത് പക്ഷെ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ കർമ്മത്തിനപ്പുറം അവന് ഒരാത്മീയനവൻ തൊഴിലുണ്ടെന്ന് ഒരാത്മീയ ശാന്തി അവൻ ആഗ്രഹിക്കുന്നു അവനപ്പൊ കർമ്മത്തിൽ നിന്ന് പിന്തിരിയണമെന്നും കാരണം കർമ്മത്തിൽ നിന്നുകൊണ്ട് കർമ്മത്തിന്റെ ആനന്ദത്തെ കണ്ടെത്താമെങ്കിലും അതിനുപരിയായി എന്താണ് ആത്മീയ ശാന്തി എന്ന് പറയുന്നെന്നും മനസിന്റെ ശാന്തി അപ്പൊ അതാണ് ആ സ്വച്ഛതയ്ക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു അപ്പോഴാണ് അവന് സന്യാസങ്ങൾ കർമ്മത്തെ അവൻ ഉപേക്ഷിക്കും കർമ്മത്തെ പരാജയപ്പെടുന്നവര് മാത്രമല്ല കർമ്മത്തെ ഉപേക്ഷിക്കും കർമ്മത്തെ വിജയിക്കുന്നവരും കർമ്മവും തെയ്തു അവരുപേക്ഷിക്കുന്നു അത് കൂടുതലും ആ ഒരു ത്യാഗം അവനിൽ വരുന്നവർ അതെല്ലാവരും വരണമെന്നില്ല ചിലരവസാന സമയം വരെ അവർ കർമ്മത്തിൽ തന്നെ ആനന്ദം കണ്ടെത്തിക്കൊണ്ടേ ചിലരങ്ങനെയല്ല കർമ്മശാന്തിക്കപ്പുറം ഒരു ആത്മീയ ശാന്തി െന്ന് മനസിലാകുന്നു ആ കർമ്മത്തിന്റെ ഇടയ്ക്കിട്ട് തന്നെ അവർക്ക് എപ്പോഴെങ്കിലും ഒരു ആത്മീയശാന്തി അനുഭവിക്കാൻ കഴിഞ്ഞാൽ അവിടെ ഇനി ശങ്കരായെന്ന് പറഞ്ഞ കർമ്മത്യാഗത്തിലൂടെ അവർക്കെല്ലാം ശാന്തിയെ കണ്ടെത്തുന്നു അങ്ങനെയൊരവസ്ഥയുണ്ട് അത് കർമ്മത്തിൽ നിന്ന് കിട്ടണമെന്നില്ല അവിടെ കർമ്മത്യാഗത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ശാന്തിയാണ് അവിടെയാണെന്ത് സ്വച്ഛന്ധത എന്ന് പറയും ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു അവരിലാ കർമ്മവ്യഗ്രത എന്ന് പറയും അത് കുറയും ശാന്തമായി എന്ത് ചെയ്യുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു കർമ്മത്തിന്റെ തീവ്രത കുറയും കർമ്മത്തിന്റെ തീവ്രത കുറയുമ്പോഴാണ് അവർ ശാന്തി വരുന്നത് ശ്രമത്തിനൊപ്പം വിശ്രമവും കണ്ടെത്താൻ കഴിയുമ്പോഴാണ് കർമ്മത്തിൽ തന്നെ സുഖം കൊണ്ട് തന്നെ അതാണ് സ്വച്ഛമേവ അവതരി സ്വച്ഛമായി സ്ഥിതി ചെയ്യുന്നു സ്വച്ഛം കുറവന്തി പ്രവർത്തിക്കുന്നു ജാതീ ജീവിതം തന്നെ എന്ത് ചെയ്യുന്നു സ്വച്ഛമായി കർമ്മവിരാമം എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർമ്മം പോലെ തന്നെ അങ്ങനെയൊരു പ്രാധാന്യം ഇതാണ് കർമ്മത്തിനൊരു ചെറിയ മാറ്റം വരുത്തിയ ഗർഹസ്ഥയും കർമ്മം തന്നെ സന്യാസം ഇപ്പോൾ ഗൗരവമുള്ള കർമ്മങ്ങളെല്ലാം മറ്റുള്ളവരെ തന്റെ അവസ്ഥക്കനുസരിച്ച് ലഘുവായ കർമ്മങ്ങൾ തന്നെ മാത്രം ചെയ്യുക എന്ന് പറയും പഴയതുപോലും ചെയ്യാൻ പറ്റില്ല ബുദ്ധിക്കും ശക്തിക്കുമൊക്കെ കുറച്ച് ന്യൂനതകൾ സംഭവിക്കും പഴയകാലത്ത് ജീവിതത്തിന്റെ ഒരു സ്വാഭാവിക ഗതിയായി അങ്ങനെ സംഭവിച്ചിരുന്നു സംഭവിക്കണം എന്ന് കരുതിയിരുന്നു അങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല പക്ഷെ അങ്ങനെയൊന്ന് സംഭവിക്കേണ്ടതാണ് എന്ന് പറയുന്നു സ്വച്ഛം കൊടുവന്തി സ്വച്ഛമായി അയാൾ പ്രവർത്തിക്കുന്നു സ്വച്ഛമായി ജീവിതം മുന്നോട്ടു പോകുന്നു ഹേയം തൃജിക്കുക എന്നുള്ള കാഴ്ചപ്പാടിൽ ഉപാധേയം സ്വീകരിക്കുക എന്നൊരു പക്ഷമില്ല രണ്ടുപക്ഷമില്ല എന്തെങ്കിലും സമ്പാദിക്കുന്നുമില്ല എന്തെങ്കിലും ഉപേക്ഷിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയും മനസ്സിന് വന്നുചേരും വന്നു ചേരുന്നു കാരണം ജീവിതകാലത്ത് ഒരുപാട് പരിശ്രമിച്ച് ഒരുപാടൊക്കെ സമ്പാദിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിന് ോടൊരു എന്താണ് ഒരു മതി എന്നുള്ളൊരു മനോഭാവം ഇത്ര സമ്പാദിച്ചല്ലോ ഇനിയെങ്കിലും ഇതൊന്നും മതിയാകാമെന്നുള്ളൊരു മനസ്സ് വരും വന്നില്ലെങ്കിൽ കഷ്ടമാണ് കഷ്ട വരുമെന്ന് പറയും കാരണം പിന്നീട് മുമ്പോട്ട് മതി മതി എന്നൊരു അറിവ് ഉള്ളിലേക്ക് അത് ഒരുപാട് മാനസിക സംഘർഷങ്ങൾക്ക് വഴിവെക്കും അങ്ങനെ ഒന്ന് ആവശ്യമാണ് തീർച്ചയായിട്ടും ആവശ്യം പഴയ കാലത്ത് എന്താണെന്ന് ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഒക്കെ സമ്പാദിച്ചു വെച്ച് ഒരു പ്രായം ചെല്ലുമ്പാകത്ത് വലിയ കർമ്മങ്ങളെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിരിക്കുന്നതിനുള്ള സ്വച്ഛം ജാതി ജീവിതം അങ്ങനെ അവസാനിപ്പിക്കുന്നു യോഗേന അന്തരി തന്നെ തെജാം ശരിയായ യോഗത്തിൽ അവസാനം ശരീരത്തിന് ശാന്തമായി മരിക്കുന്നു അവിടെ എന്താണ് പിന്നീട് സമ്പാദ്യങ്ങളൊക്കെ നിർത്തുന്നു എന്നാൽ പ്രത്യേകിച്ച് ത്യജിക്കുന്നുണ്ടാവുന്നു രണ്ടും ഇല്ല സ്വാത്മനിസ്ഥിത അവൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നു തന്റെ കർമ്മപ്രപഞ്ചത്തിൽ നിന്ന് അവൻ തന്റെ ആത്മപ്രപഞ്ചത്തിലേക്ക് ചുരുങ്ങും തൻ്റെ തന്നെ സ്വസ്ഥത അനുഭവിക്കും തന്നിൽ തന്നെയുള്ള ശാന്തി സമാധാനവും അപ്പം കർമ്മത്തിൽ അതുവരെ ആനന്ദം കണ്ടി കണ്ടെത്തിയിരുന്നവൻ അതെല്ലാം വണ്ടിത്തന്നിരുന്നു തന്നിൽ അതൊന്നും മാറിയ ഒരു ആനന്ദത്തെ കണ്ടെത്തുന്നു ഇതെല്ലാം കൂടെ വിശദമായി ചർച്ച ചെയ്യും അതുകൂടെ മുമ്പോട്ട് പറയാൻ പോകുന്ന കാര്യത്തിലൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ കരണങ്ങളെല്ലാം വളരെ ശക്തമായിരിക്കും മനസ്സ് വളരെ ശക്തമായിരിക്കുമ്പോൾ എല്ലാ ബലങ്ങളും നമ്മളിൽ സമ്പുഷ്ടമായിരിക്കുമ്പോൾ കർമ്മം നമുക്ക് തരുന്ന ആനന്ദം ഇതെല്ലാം ദുർബലമാകുമ്പോൾ തരത്തില്ല അപ്പോ കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് കൂടുതൽ ആനന്ദം തരുന്നത് അത് ഒരു സ്വാർത്ഥതയാണെന്ന് ചോദിച്ചാൽ അതിന് സ്വാർത്ഥതയാണ് നമ്മൾ പരാർത്ഥമായി പലത് തീര പക്ഷെ ജീവിതം പരാർത്ഥമായിരിക്കണം അതേസമയം സ്വാർത്ഥമായിരിക്കുന്നു രണ്ടു കൂടെ ചേർന്നാലും ജീവിതം പൂർണ്ണമാകും പരാർത്ഥത്തിൽ തന്നെ സ്വാർത്ഥതയും കണ്ടെത്തുന്നു സ്വാർത്ഥത്തിൽ തന്നെ പരാർത്ഥതയും കണ്ടെത്തണം അപ്പൊ അതിന്റെ ഒരു ക്രമമായൊരു പരിണാമം സംഭവിക്കുന്നത് ആത്യന്തികമായി എന്താ പറയുക വിമുക്ത വിമുച്ഛരെയും ആത്യന്തികമായി അതൊരു സ്വാർത്ഥതയിൽ തന്നെ അവസാനിക്കുന്നു എന്തൊക്കെ പരാർത്ഥതയിലൂടെ മുമ്പോട്ട് പോയാൽ അവസാനം എത്തിച്ചേരുന്നിവിടെ അതാണ് ഇവിടെ പറയുന്നത്